ൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം നോക്കാം യാക്കോവിൻ്റെ ലേഖനം യാക്കോവിൻ്റെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും ഇതൊരു പുതിയ കാര്യമല്ല നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് എന്ത് വേണം ദൈവത്തെ അനുസരിക്കണം ദൈവത്തിനായിട്ട് ജീവിക്കണം ദൈവത്തിന് കീഴടങ്ങണം ഇങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട് എന്നാൽ ദൈവത്തെ അനുസരിക്കണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തെ അനുസരിക്കണം എന്നാ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിന് കീഴടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പല ഭാഗങ്ങളിലും ദൈവത്തിന് കീഴടങ്ങ് സബ്മിറ്റ് എന്നൊരു വാക്കാണ് സറണ്ടർ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് കേവലം അനുസരണം പോരാ ദൈവത്തിന് കീഴടക്കം വേണം എന്താ അനുസരണവും കീഴടക്കവും തമ്മിലുള്ള വ്യത്യാസം അനുസരണവും കീഴടക്കവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ അനുസരിക്കുന്നത് കീഴടങ്ങുന്നതല്ലേ രണ്ടും തമ്മിലൊരു നേരിയ വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവർ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് ചില കാര്യങ്ങളിലനുസരിക്കും നിങ്ങൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം എന്ന് സർക്കാരിൻ്റെ ഒരു നിയമമുണ്ട് എന്നിരിക്കട്ടെ നിയമത്തെ നമ്മൾ അനുസരിക്കുന്നു നമ്മൾ വലതുവശം ചേർന്ന് പോകുന്നു അല്ലെങ്കിൽ വണ്ടി ഇടതുവശം ചേർന്ന് ഓടിക്കുന്നു അപ്പം തന്നെ അങ്ങനെ നമ്മൾ വലതുവശം ചേർന്ന് സർക്കാരിനെ അനുസരിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ ടാക്സ് കൃത്യമായിട്ട് കൊടുക്കണം ജി എസ് ടി നമുക്കിഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണം ഇങ്ങനെയൊക്കെ സർക്കാർ വച്ചിരിക്കുമ്പോൾ നമ്മളത് അനുസരിക്കും അനുസരിക്കും പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അതിനൊരു കീഴടക്കമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതിനോട് എതിരായിട്ട് നിൽക്കും പക്ഷെ പ്രവൃത്തിയിലെ പുറമേ നമ്മളത് അനുസരിക്കും അതാണ് അനുസരണം എന്നാൽ കീഴടക്കമെന്ന് വെച്ചാലോ കീഴടക്കമെന്ന് വെച്ചാൽ പുറമേയും അനുസരിക്കും ഉള്ളിലും അതിന് കീഴടങ്ങും അതിനെ സബ്മിറ്റ് ചെയ്യും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നമ്മൾ കീഴടങ്ങുകയാണ് വേണ്ടത് ഈ അനുസരണവും കീഴടക്കവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായ ഒരു ദൈവ പ്രത്യേകത പലപ്പോഴും ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരപ്പൻ അപ്പനൊരു കുഞ്ഞിനോട് പറഞ്ഞു എടാ അവിടെ ഇരിക്കുന്നു പറഞ്ഞു അവനിരുന്നില്ല കുഞ്ഞല്ലേ അവനിരുന്നില്ല അവൻ മത്സരിച്ചവിടെ നിൽക്കുക അപ്പന ഒന്നുകൂടെ ശബ്ദം ഉയർത്തിയപ്പോൾ ഇരിക്കാനല്ലേടാ എന്നോട് പറഞ്ഞത് അവൻ അന്നേരവും ഇരുന്നില്ല ഉടനെ അപ്പനെന്ത് ചെയ്തു അപ്പനൊരു വടിയെടുത്തു വടിയെടുത്തപ്പം അവൻ ഇരുന്നു ഇരുന്നു ഇരുന്നിട്ടവൻ പറയുക ഞാനിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും എണ്ണേറ്റ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അവനനുസരിച്ചില്ലേ ഇരിക്കാനല്ലേ പറഞ്ഞത് ഇരുന്നു പക്ഷേ അവൻ കീഴടങ്ങിയോ കീഴടങ്ങിയില്ല അനുസരണവും കീഴടക്കവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എന്തറിയാം നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആത്യന്തികമായിട്ടാഗ്രഹിക്കുന്നത് നമ്മുടെ കീഴടക്കമാണ് ഇവിടെ നോക്കുക നാലിൻ്റെ ഏഴിൽ പറയുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും ദൈവത്തിന് സബ്മിറ്റ് ചെയ്യണം എന്നാൽ പുറമേ ഉള്ള ഈ ലോകം അല്ലെങ്കിൽ ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സമൂഹം നമ്മിൽ നിന്നൊരു കീഴടക്കം പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഇരുപത്തഞ്ചാം തീയതി കൊണ്ടുവന്ന് കരമടച്ചിരിക്കണം എന്ന് സർക്കാർ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി കൊണ്ടുവന്ന് കരമടച്ചാൽ സർക്കാർ എന്തായി തൃപ്തരായി അതിന് പകരം കരമടയ്ക്കാൻ വരുന്ന ആൾ ആ കരമൊക്കെ ഇത്രയും കൂട്ടി ഈ സർക്കാരിന് എന്തിനാണ് കരം കൊടുക്കുന്നതെന്നൊക്കെ മനസ്സിൽ പറയുകയും അല്ല പുറത്ത് തന്നെ പറയുകയും അവിടെ കരമടയ്ക്കാൻ നിൽക്കുന്നവരോടൊക്കെ സംസാരിക്കുകയും ചെയ്താലും സർക്കാർ ഉടനെ ഇയാളെ പിടിച്ച് ജയിലിൽ ഇടുകയൊന്നുമില്ല ഉള്ളിൽ കീഴടക്കമില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് സർക്കാർ ജയിലിലിടുകയായിരുന്നെങ്കിൽ ഈ ജയിലുകളൊക്കെ എന്നെ നിറഞ്ഞു പോയേനെ നിറഞ്ഞു പോയേനെ സർക്കാരിനത് വേണ്ട പോലീസിനത് വേണ്ട പോലീസിന് പിന്നെയും ചിലപ്പോൾ വാക്കുകളൊക്കെ പറഞ്ഞാൽ ചിലപ്പം പോലീസുകാർ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തെന്നിരിക്കും പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നിയമം അനുസരിച്ചോ എന്നേ ചോദ്യമുള്ളൂ നിയമം അനുസരിച്ചോ ചോപ്പ് ലൈറ്റ് കണ്ടപ്പോൾ നീ വണ്ടി നിർത്തിയോ അത്രയേ ഉള്ളൂ ചോദ്യം നീ മുറിമുറുത്തോണ്ടാണോ നിർത്തിയത് അത് പ്രശ്നമില്ല അത് പ്രശ്നമില്ല നിർത്തിയോ അനുസരിച്ചാൽ മതി നിയമത്തിന് അനുസരണം മതി കർത്താവിന് കീഴടക്കം വേണം പ്രിയപ്പെട്ടവരെ ഈ ഒരു വ്യത്യാസം നമ്മൾ അറിയുന്നത് നല്ലതാണ് നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഇതത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നോക്കാം യോ സുവിശേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ അധ്യായത്തിലെ കർത്താവ് തന്നെ പറയുന്ന കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് പറയുന്ന ഒരു ഭാഗം നോക്കാം പതിമൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു വേറൊരു സന്ദർഭത്തിൽ കർത്താവ് കാൽ കഴുകുന്ന ആ രംഗത്ത് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണിത് ഇവിടെ പതിമൂന്നിലെന്താ പറയുന്നത് കർത്താവിനോട് അവരെന്ത് ചെയ്യുന്നു കർത്താവിനെ അവർ ഗുരുവെന്ന് വിളിക്കുന്നു ഗുരുവെന്ന് മാത്രമല്ല വിളിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബോധ്യം കിട്ടിയപ്പോൾ അവരെന്തോ ചെയ്യുന്നു കർത്താവ് എന്നും വിളിക്കുന്നു ഗുരു എന്നു പറഞ്ഞാൽ ടീച്ചറാണ് ടീച്ചറാണ് കർത്താവെന്ന് പറഞ്ഞാലോ കർത്താവെന്ന് പറഞ്ഞാൽ ലോഡാണ് ലോഡാണ് തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇവർ എന്താ മനസ്സിലാക്കിയത് കർത്താവിനെ കർത്താവിനെ ഗുരു ടീച്ചർ ഗുരു എന്ന് പറഞ്ഞാണ് അവർ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നത് എന്നാൽ മുന്നോട്ടുള്ള പോക്കിൽ അവർ ഗുരു എന്നുള്ള നിലപാടിനപ്പുറത്ത് അവനെ കർത്താവ് അവൻ്റെ ലോഡ്ഷിപ്പൂടെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കർത്തൃത്വം കൂടെ അംഗീകരിച്ച ഒരു നിലയിൽ അവർ ഗുരുവെന്നും രണ്ടാമത് കർത്താവെന്നും വിളിക്കുന്നു എന്നാൽ കർത്താവ് പിന്നെ അത് പതിനാലാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവ് പിന്നെ അതേ കാര്യം പറയുമ്പം ഇതൊന്നങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നുണ്ട് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ അവരെന്താ പറഞ്ഞത് അവരെങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത് ടീച്ചർ എന്നും ലോഡെന്നും വന്നത് ടീച്ചർ ലോഡ് ടീച്ചറും ലോഡും തമ്മിലുള്ള വ്യത്യാസമെന്താ ടീച്ചറിന് ടീച്ചറിന് അനുസരണം മതി മതിയല്ലോ എല്ലാവരും രാ പകർത്തെഴുതിക്കൊണ്ട് വരണം എന്ന് ടീച്ചർ പറഞ്ഞാൽ പകർത്തെഴുതിക്കൊണ്ട് വന്ന ടീച്ചറിന് തൃപ്തിയായി കോമ്പസേഷൻ എഴുതിക്കൊണ്ട് വരണം അത് അവൻ ടീച്ചറിനോട് ദേഷ്യപ്പെട്ടും വൈരാഗ്യപ്പെട്ടുമാണോ എഴുതിക്കൊണ്ട് വരുന്നതെന്നുള്ളത് ടീച്ചറിന് പ്രശ്നമല്ല ടീച്ചറിന് എപ്പോഴും അനുസരണം മാത്രം മതി എന്നാൽ കർത്താവിനോ കർത്താവിന് എന്ത് വേണം സബ്മിഷൻ വേണം കീഴടക്കം വേണം ഇവിടെ ഇതാ അവർ തുടങ്ങിയത് ടീച്ചർ എന്നുള്ള നിലയിലാണ് കർത്താവിൻ്റെ അടുത്ത് അവനെ അനുസരിക്കുന്ന ഒരു തലത്തിലാണ് തുടങ്ങിയത് പക്ഷേ വളരെ വേഗത്തിൽ അവരെന്ത് എന്തിലേക്കെത്തി അവൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് അവന് കീഴടങ്ങുന്ന ഒരു തലത്തിലേക്കെത്തി കർത്താവ് ഉടനെ പറയുന്നു കർത്താവും ഗുരുവുമായ ഞാൻ കർത്താവ അതൊന്ന് തിരിച്ചിട്ടു ഒന്നാമത് തന്നെ ആ ലോഡ്ഷിപ്പിനെ ഒന്നാമത് കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കർത്താവ് കർത്താവെന്ന് നമ്മളെപ്പോഴും മലയാളത്തിൽ പറയുമല്ലോ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞ് നമുക്കതിൻ്റെ ഒരു ആ വാക്കിൻ്റെ ഒരു അർത്ഥമൊന്നും തോന്നാതായി ഇച്ചില വാക്കുകൾ അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ ഒരു അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് പോകും അത് തേഞ്ഞ് പോകും ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് തേഞ്ഞ് പോകുമെന്ന് പറഞ്ഞ പോലെ ചില വാക്കുകളുടെ അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നങ്ങ് തേഞ്ഞ് പോകും കർത്താവ് നീ എൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന ആ വാക്ക് തന്നെ നീ എൻ്റെ ലോഡാണ് നീ എൻ്റെ യജമാനനാണ് ഞാൻ നിൻ്റെ ദാസനാണ് നിന്നെ ഞാൻ അനുസരിക്കുക മാത്രമല്ല ഞാൻ നിനക്ക് കീഴടങ്ങുകയും ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത് നമ്മളവനെ കർത്താവ് എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരണം അതാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്കവനെ അവന് കീഴടങ്ങുന്നത് എളുപ്പമാകും പ്രിയപ്പെട്ടവർ അപ്പോൾ ദൈവത്തിന് കീഴടങ്ങുന്നത് കർത്താവിന് കീഴടങ്ങുന്നതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം വേറൊരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഈ കർത്താവിനെ മാത്രമല്ല ദൈവവചനത്തെയും നമ്മൾ കീഴടങ്ങേണ്ടതായിട്ടുണ്ട് കാരണം അത് തന്നെയാണ് അത് അരളി ചെയ്തത് എബ്രീതി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു അപ്പോൾ അരുളി ചെയ്ത ആ വചനത്തെ ആ വചനം എന്താ ആ വചനം പുത്രൻ മുഖാന്തരമാണ് അരളി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം ദൈവത്തിൻ്റെ ദൈവനിശ്വാസ്യം എന്നൊരു പ്രയോഗം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇത് വിശ്വസനീയമാണ് എന്ന് പറയാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത് ദൈവവചനം ബൈബിൾ ദൈവനിശ്വാസ്യമാണ് എന്ന് പറയാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ദൈവം തന്ന് ദൈവം തന്നതായത് കൊണ്ട് നമ്മളിത് വിശ്വസിക്കുന്നു എന്ന അർത്ഥം എന്ന അങ്ങനെയല്ല ദൈവത്തിൻ്റെ നിശ്വാസമേറ്റതാണ് ശ്വാസവും നിശ്വാസവും ദൈവത്തിൻ്റെ ആ ആ നിലയിലുള്ള നിശ്വാസമേറ്റതാണ് ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണ് ദൈവം പുത്രൻ മുഖാന്തരം അരുളി ചെയ്തതാണ് ഈ വചനം ഈ വചനത്തിനും നമ്മൾ എന്ത് വേണം വചനത്തിനും നമ്മൾ കീഴടങ്ങണം കീഴടങ്ങണം സങ്കീർത്തനത്തില് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തില് ഈ വചനത്തെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ രണ്ടാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിൻ്റെ നാമത്തിനു മീതെയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വാഗ്ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോമിസല്ല വേടാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം അപ്പം ദൈവത്തിൻ്റെ നാമത്തിനു മീതെയൊക്കെയും നീ നിൻ്റെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു ദൈവം ആ വചനത്തെ ആ നിലയിൽ ഗ്ലോറിഫൈ ചെയ്തിരിക്കുന്നു വചനത്തിന് ആ നിലയിൽ ഒരു സ്ഥാനം ദൈവം നൽകിയിട്ടുണ്ട് കണ്ടോ ദൈവവചനം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനം കേവലം ആ അവിടെ അതൊരു കേവലമൊരു നമുക്ക് വായിക്കാനുള്ള ഒരു കാര്യമെന്നുള്ളതിനപ്പുറത്ത് ദൈവവചനം അത് ദൈവം തന്നെ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നതാണ് നമ്മൾ എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ എൺപത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു എൺപത്തൊൻപതാം സങ്കീർത്ത രണ്ടാമത്തെ വാക്യം നിൻ്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു വിശ്വസ്തത എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് എന്താ വേടെന്നാണ് വേടെന്നാണ് ഒരു വിവർത്തനത്തിൽ അപ്പം നീ നിൻ്റെ വചനത്തെ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എൺപത്തി ഒൻപതിൻ്റെ രണ്ട് നീ നിൻ്റെ വചനത്തെ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു നിന്റെ നൂറ്റി മുപ്പത്തെട്ടിൻ്റെ രണ്ടിൽ നിന്റെ വചനത്തെ നീ മഹിമപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവവചനത്തിന് ഈ നിലയിലുള്ള ഒരു സ്ഥാനമുണ്ട് അപ്പോൾ നമ്മൾ കേവലം കർത്താവിനെ മാത്രം കർത്താവുമായിട്ടുള്ള കർത്താവിന് മാത്രമുള്ള ഒരു കീഴടക്കം എന്നുള്ള നിലയിൽ പോരാ ദൈവവചനത്തിനും നമ്മൾ എന്ത് വേണം കീഴടങ്ങണം എന്താ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾ പല പല ചിന്തകൾ ആത്മീയതയോടുള്ള ബന്ധത്തിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ലേഖനം വായിക്കുകയായിരുന്നു അവിടെ ഒരാൾ വലിയൊരു ഒരു ഡോക്ടറായിരിക്കുന്ന ഒരാൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് വളരെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എങ്കിലും അദ്ദേഹം പറയുകയാണ് ഈ നിലയിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ഫണ്ടമെൻ്റലിസ്റ്റുകളുണ്ട് എന്ന് വെച്ചാൽ ക്രിസ്തീയതയിൽ എന്തുണ്ട് ചില മൗലികവാദികളുണ്ട് ഇന്ന് ലോകം പേടിക്കുന്ന ഒരു വാക്കാ മൗലികവാദമെന്നുള്ള വാക്ക് ക്രിസ്ത്യാനികളിൽ ചില ഫണ്ടമെൻ്റലിസ്റ്റുകളുണ്ട് അവരെന്ത് ചെയ്യും അവർ ഈ ദൈവവചനം ദൈവവചനമെന്നും പറഞ്ഞ് ഈ ബൈബിളിനെ തലനാറിഴ കയറി അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ മുറുകെ പിടിക്കും അതുകൊണ്ട് അവർ കൂടുതൽ മൗലികവാദികളായി പോകുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല യേശു വന്നു യേശു പാവ വേണ്ടി ജീവിച്ചു അതുപോലെ നമ്മൾ ജീവിച്ചാൽ മതി ഈ വചനമെന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊക്കെ തെറ്റൊക്കെയുണ്ട് എല്ലാവരുടെയും നല്ല വചനങ്ങളൊക്കെ ഉണ്ട് അതുപോലൊക്കെയുള്ള ഒരു വചനം മാത്രമാണ് ബൈബിൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ ഇന്ന് പല എപ്പിസ്കോപ്പൽ സുഖങ്ങളിലുള്ള പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ ദൈവത്തെ കർത്താവിനെ കർത്താവിനെ അവർ ആദരിക്കുന്നുണ്ട് കർത്താവിനെ ഒരളവിൽ അവർ കീഴടങ്ങുന്നുണ്ട് പക്ഷേ ഈ വചനത്തിന് വചനം അവർ ആരൊക്കെയോ പണ്ടൊക്കെ എഴുതി ആ ഇത് കൊള്ളാം മറ്റവരുടെ പുസ്തകം കൊള്ളാം എല്ലാം നല്ല കാര്യങ്ങളാണ് എന്നുള്ളതിനപ്പുറത്ത് ഈ വചനത്തിനൊരു കീഴടക്കം അവർക്കില്ല എന്നാൽ ഈ വചനം എന്താ ദൈവം തന്നെ എന്തു ചെയ്തതാണ് സകലത്തിലും തൻ്റെ നാമത്തിനുമീതേ തൻ്റെ തൻ്റെ നാമത്തിനുമീതേ മഹിമപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ വചനം നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിച്ചത് മാത്രമോ എൺപത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നതാണ് വചനം സ്വർഗം എത്ര നാളുണ്ട് സ്വർഗം എത്ര നാളുണ്ട് ഭൂമി എത്ര നാളുണ്ട് ഭൂമി എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എന്തായാലും ഭൂമി ഒരു കാലത്ത് ഇല്ലാതാവും ഇത് അഗ്നിയിലൂടെയൊക്കെ കടന്നുപോയി പുതിയ ഭൂമിയും പുതിയ ആകാശമൊക്കെ ആയാലും ഈ പുതുവാന ഭൂമിയിൽ കർത്താവും തൻ്റെ സഭയും കൂടെ കുറേ നാൾ ജീവിക്കും എത്ര നാളാണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ ചെയ്യും അത് കഴിഞ്ഞങ്ങ് സ്വർഗത്തിൽ പോകും ഈ ഭൂമിയുടെ കാലം കഴിഞ്ഞു എന്നാൽ സ്വർഗത്തിൻ്റെ കാലമോ സ്വർഗത്തിൻ്റെ കാലം അങ്ങനെ കഴിയുന്നില്ല സ്വർഗമാണ് നിത്യം ഈ നിത്യമായ സ്വർഗത്തിലാണ് ദൈവം തൻ്റെ വചനത്തെ സ്ഥിരമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തിനും നമ്മൾ എന്ത് വേണം ദൈവത്തിന് കീഴടങ്ങുന്ന ഒരുവൻ ദൈവ വചനത്തിനും കീഴടങ്ങണം ഇന്ന് പലരും വചനത്തിന് കീഴടങ്ങുന്നുണ്ടോ പലരും പറയും ആ ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നുണ്ട് പല പല വിവിധ തരത്തിലുള്ള ആളുകളോട് നമ്മൾ ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശപ്പെടുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ ആ നിങ്ങൾ സ്നാനപ്പെട്ടതാണോ വിശ്വാസ സ്നാനം സ്വീകരിച്ചതാണോ ഓ ഞങ്ങളത്രയും സങ്കുചിതമായ നിലപാടൊന്നുമല്ല ഏഹ് ഞങ്ങൾ അത്രയും ഞങ്ങൾ കുറച്ച് വിശാലതയുള്ള അപ്പം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓ അതൊക്കെ നമ്മളങ്ങനെ അങ്ങ് അവർ കർത്താവിന് കീഴടങ്ങിയിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല വചനത്തിന് വചനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും അവർ കീഴടങ്ങിയിട്ടില്ല ഈ വചനത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണണം വചനം എന്താ വചനം കേവലം നമ്മുടെ കയ്യിലിരിക്കുന്ന അറുപത്താറ് പുസ്തകം കുറച്ച് നാൾ കഴിഞ്ഞ് ഏ അത് വീട്ടിൽ വച്ചു കാലം കഴിഞ്ഞങ്ങ് പോയി അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ വായിച്ചത് ഇത് സ്വർഗത്തിൽ നിത്യമായ സ്വർഗത്തിൽ സ്വർഗത്തെ സ്ഥിരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാലും അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക സ്വർഗത്തിൽ നീ അത് എന്നത്തേക്കുമായിട്ട് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവവചനം ദൈവവചനം തൻ്റെ നാമത്തിന് മീതയൊക്കെയും ദൈവത്തിൻ്റെ നാമം അതിൻ്റെ അധികാരം അതിൻ്റെ മീതയൊക്കെയും ഇതിനെ മഹിമപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യലേഖനം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വചനത്തിൻ്റെ ചില പ്രത്യേകതകൾ അവിടെ രണ്ടായിട്ട് എടുത്തു പറയുന്നതും നമ്മൾ കാണാതെ പോകരുത് വചനത്തോട് നമുക്ക് കീഴടക്കമുണ്ടെന്ന് പറയുമ്പം തന്നെ വചനത്തിന് എപ്പോഴും അവിടെ രണ്ട് ഭാഗങ്ങൾ എടുത്തു പറയുന്നുണ്ട് ആറാമധ്യായം എബ്രാർ കെഴുതി ലേഖനം അതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വചനം അതുകൊണ്ട് ദൈവം ദൈവം വാഗ്ദത്വത്തിൻ്റെ അവകാശികൾ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ വചനത്തിലാണല്ലോ വാഗ്ദത്തമുള്ളത് അവിടെ പ്രോമിസ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവകാശികൾക്ക് തൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവവചനം അത് മാറാത്തത് എന്നധികം സ്പഷ്ടമായിട്ട് കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു ഒരു ഓത്ത് ഒരു അപ്പോൾ കണ്ടോ നമുക്ക് വളരെ വേഗത്തിൽ അത് ഇങ്ങനെ പറയാം ദൈവവചനം ദൈവ രണ്ട് വശങ്ങളുണ്ട് എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് ദൈവത്തിൻ്റെ പ്രോമിസസ് ഉണ്ട് രണ്ട് ദൈവത്തിന് താൻ മാറ്റിക്കൂടാനൊക്കാത്ത തൻ്റെതായ ചില നിയമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ഓത്ത് അതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ മാറ്റാനായിട്ടൊക്കെ അല്ലേ ഇത് രണ്ട് കാര്യങ്ങളുമുണ്ട് ദൈവവചനം ദൈവവചനത്തിന് നമ്മൾ കീഴടങ്ങുന്നു എന്ന് പറയുമ്പം കേവലം ദൈവവചനത്തിൽ എന്തുണ്ട് പ്രോമിസുകളുണ്ട് നിനക്ക് കർത്താവിനായിട്ട് ജീവിക്കാനായിട്ട് വന്നാൽ ഓ നിനക്ക് നിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ വാഗ്ദാനങ്ങളുണ്ട് നമുക്ക് വാഗ്ദാനങ്ങൾ ഇഷ്ടമാണ് പക്ഷെ വാഗ്ദാനങ്ങൾ ദൈവചനത്തിലെ ഒരു ഘടകം മാത്രമാണ് പ്രോമിസസ് വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമാണ് എബ്രാരിയിൽ നമ്മളിപ്പോൾ വായിച്ച ആറിൻ്റെ പതിനേഴിൽ നമ്മൾ വായിച്ചപ്പം അവിടെ വാഗ്ദാനങ്ങൾ മാത്രമല്ല മറുവശത്ത് എന്തുമുണ്ട് രണ്ടാമത് താനൊരു ആണയാലും ഇതിനെ സ്ഥിരപ്പെടുത്തിയെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു ഘടകം കൂടെ ഉണ്ട് നമ്മളനുസരിക്കേണ്ട കൽപ്പനകൾ എന്ന് പറയുന്ന നിയമങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് പലരും വചനത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുമ്പം തന്നെ വചനത്തിലെ ഏതിനെ കീഴടങ്ങുന്നുള്ളൂ വാഗ്ദാനങ്ങൾക്ക് മാത്രമോ വാഗ്ദാനം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ബൈബിളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നമ്മുടെ താല്പര്യം ഏതിലേക്ക് കാണുന്നത് കാണാൻ കഴിയും വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അടിവര ഇട്ടിട്ടുണ്ട് സ്കെച്ച് പെന്നുകൊണ്ട് പ്രത്യേകം വരച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ പേര് ഏഹ് ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഏഹ് ചിലരിന്ന് വിശ്വാസത്തിൽ ഈ വാഗ്ദത്തങ്ങളെ അവകാശപ്പെടുക എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ഒപ്പിടണം എന്ന് പറയാറുണ്ട് എന്തു പക്ഷേ സഹോര നീ നിന്റെ പുസ്തകത്തിൽ വാഗ്ദാനങ്ങളുടെ മേലൊക്കെ ഒപ്പുമൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ വേറെന്തുണ്ട് അനുസരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് എന്തിനാണ് നമ്മൾ ഈ കാര്യം ഇത്രയും ഊന്നി പറയുന്നത് പ്രിയപ്പെട്ടവര് വചനമെന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് വചനത്തിന് കീഴടങ്ങുന്നു പറയുന്നവർ തന്നെ വചനത്തിൻ്റെ ഒരു ഘടകത്തിനെ ചിലപ്പോൾ കീഴടങ്ങുന്നുള്ളു മറുവശത്ത് അവർ അവർ ചെയ്യേണ്ടതായ അവരുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർ അതിൻ്റെ നേരെ അങ്ങ് കണ്ണടച്ച് കളഞ്ഞാൽ സത്യത്തിൽ അവർ വചനത്തിന് കീഴടങ്ങുന്നുണ്ടോ യഥാർത്ഥത്തിൽ കീഴടങ്ങുന്നില്ല പിശാജി വളരെ അവൻ ഈ വിശ്വാസലോകത്തേക്ക് വരുന്നവരെയും പല വിധത്തിൽ വീഴ്ച സാധ്യതകളുണ്ട് നമുക്കെപ്പോഴും നമ്മളൊരു ജഡത്തിലാണ് ജീവിക്കുന്നത് ഈ ജഡത്തിനെന്താണ് സുഖമുള്ളത് ജഡത്തിന് സുഖമുള്ള എല്ലാവരും കൂടെ നമ്മളെ താലോലിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് നല്ല സുഖമാണ് നമ്മുടെ ജഡത്തിന് നല്ല സുഖമാണ് മോനെ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ സുഖമാണ് സുഖമാണ് അതേസമയം നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സുഖമില്ല സുഖമില്ല അല്ലേ നമ്മുടെ ജഡത്തിന് സ്വാഭാവികമായി സുഖമുള്ളത് ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്തോളും അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു നമ്മുടെ രക്ഷ പൂർത്തിയാക്കി ഇനിയും നമ്മളെ സ്വർഗത്തിലും കൊണ്ടുപോയ്ക്കോളും ബാക്കി കാര്യങ്ങളൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള നിലയിൽ ഈ സുവിശേഷത്തെ പ്രസൻറ്റ് ചെയ്യുന്ന പല ഉപദേശങ്ങൾ പല കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ട് കാൽവിനിസ്റ്റ് കാഴ്ചപ്പാട് കാൽവിനിസ്റ്റ് കാഴ്ചപ്പാടെന്താ കാൽവിനിസ്റ്റ് കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെന്തില്ല പിന്നെ നീ എന്തെല്ലാം പാവം ചെയ്താലും കുഴപ്പമില്ല രക്ഷ എന്താ രക്ഷ പൂർത്തിയായതാണ് It is finished Thank you so much for watching Even if you have to learn something about this If we've been so experienced just don't you think Of course I know what church it feels like from there at this point in conclusion you might look at bible everywhere the Senhor I know how to Please go through that verse since ആ ഇതിലേക്ക് പുതുക്കാനായിട്ട് കഴിയയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കാൽവിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള സഹോദരന്മാരെന്ത് പറയും അവർ പറയും ഓ കർത്താവ് എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കുടുംബത്തിൽ നമ്മൾ ജനിച്ചതാണ് ഒരു കുടുംബത്തിൽ ജനിച്ചു ആ എന്നിട്ട് അവരതിനെ നമ്മുടെ രീതിയോട് ചേർത്ത് പറയും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മൂന്നാമത്തെ കുഞ്ഞായിട്ട് ഒരുവൻ ജനിച്ചു ജനിച്ചപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫാമിലിയുടെ പേരും ഒക്കെ അവൻ ഇട്ടു കുറച്ച് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്തു അവൻ തല്ലിപ്പൊളിയായിട്ട് വീടുമൊക്കെ വിട്ട് പഴക്കമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാലും അവൻ്റെ പേര് മാറുമോ അവൻ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെയല്ലേ നിങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെ തന്നെ അല്ലേ അവൻ നിങ്ങളെ അനുസരിക്കുന്നില്ല പക്ഷെ അവനെന്താ അവൻ നിങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെ തന്നെയല്ലേ അതെ അതെ അപ്പം നമ്മൾ പറയാം അതെ അതെ ആ ഒരു ഭൂമിയിലെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് എന്നും ആ കുടുംബത്തിലെ അംഗമാണെങ്കിൽ സ്വർഗത്തിലെ കുടുംബത്തിൽ ജനിക്കുന്ന ആൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും അയാളുടെ ആ ജനനം കൊണ്ട് അയാൾക്ക് ലഭ്യമായ സ്വർഗപൗരത്വം സ്വർഗത്തിൻ്റെ മകനെന്നുള്ള അവകാശം നഷ്ടമാകുമോ ശരിയല്ലേ വളരെ ലോജിക്കായിട്ട് ആളുകൾ ചോദിക്കുമ്പം നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജഡത്തിനും ആ പാപമൊന്നും ചെയ്താലും സാരമൊന്നുമില്ല കർത്താവ് കർത്താവ് ആരാ കർത്താവ് ദയാനിധി ഓ കരുണയുടെ സമുദ്രം അവിടുന്ന് അവിടുന്ന് ഇത്രയും വലിയ ലോകത്തെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഒരു കൊച്ചു തെറ്റ് ഇതിനൊക്കെ നമുക്ക് സുഖമാത് സുഖമാത് വചനം വചനം കേവലം വാഗ്ദാനം മാത്രമല്ല മറുവശവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ കഴിഞ്ഞൊരു ദിവസം ഒരു ചെറുപ്പക്കാരനൊരു സഹ് ദചനത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ചുറ്റുപാടും വരുന്ന ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം കേട്ടത് ഇവർ പറയുന്നത് എന്ന് പറയുകയായിരുന്നു അവിടെ ഒക്കെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചില കാര്യങ്ങൾ കേട്ടപ്പോൾ പാപം ചെയ്താലും ഒന്നും സാരമില്ല കാര്യമെന്താ കൃപയെന്ന് പറഞ്ഞാലെന്താ കൃപയെന്ന് പറഞ്ഞാൽ എന്താ ഗ്രേസ് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം നമ്മുടെ അർഹതയുടെ അടിസ്ഥാനത്തിൽ വല്ലതും ഇത് വല്ലോ അല്ല കൃപയാ കൃപയാ കൃപയാ അതുകൊണ്ട് അതുകൊണ്ട് നമുക്കിന്നൊരു പാപം വന്നാലും നമ്മൾ എന്ത് വേണ്ട അനുദപിക്കുകയൊന്നും വേണ്ട അനുദപിക്കണ്ട അപ്പോൾ പ്രിയ സഹോര ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെ പറയുന്നുണ്ടല്ലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും പ്രൊവൈഡഡ് നീ ഏറ്റു പറയുന്നെങ്കിൽ അങ്ങനെ അത് പറയുന്നത് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രക്തം വന്നങ്ങ് ശുദ്ധീകരിക്കും എന്നല്ല പറയുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവിടെ ഒരു കണ്ടീഷനാണ് വെച്ചത് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പിക്കാനത്തക്കോണ്ണം വിശ്വസ്തനീതിമാനുമാകുന്നു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വചനമാണ് ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒൻപതാമത്തെ വചനം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ പാപങ്ങളെ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത് ഒന്നാമത് പാപം പാപമാണെന്നുള്ള ഒരു ബോധ്യമുണ്ടാവണം അനുതാപം ഉണ്ടാവണം ആ അനുതാപത്തെ തുടർന്ന് അതിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കണം അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും വളരെ ബാലൻസ്ഡായി രണ്ട് വശവും ചേർത്ത് പറയുന്ന ഒരു വാക്യമാണ് എന്നാൽ ആ വാക്യത്തെപ്പോലും നമ്മളെവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലും എന്നല്ല അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മൾ ശുദ്ധീകരിപ്പൻ എന്തൊക്കെ ഉണ്ടും വിശ്വസന നീതിമാനുമാകുന്നു അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്താണ് ആ പ്രോമിസുള്ള ഭാഗത്താണ് നമ്മുടെ അടിവരെ എപ്പോഴും വീഴുന്നത് അല്ലേ പ്രിയപ്പെട്ടവരെ ദൈവവചനമെന്ന് പറയുന്ന സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നതാണ് തൻ്റെ നാമത്തിനുമേതെ മഹിമപ്പെടുത്തിയിരിക്കുന്നതാണ് വചനം ഈ വചനത്തിന് നമ്മൾ എന്ത് വേണം കീഴടങ്ങണമെന്ന് പറയുമ്പോൾ ഈ വചനത്തിലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് കീഴടങ്ങിയാൽ പോരാ ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ഭാഗത്ത് ഉത്തരവാദിത്തങ്ങൾക്കും രണ്ടിനും നമ്മൾ ഒന്നുപോലെ കീഴടങ്ങേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ പോകാം നമ്മൾ പറഞ്ഞു ദൈവത്തിന് കീഴടങ്ങുന്നു കർത്താവിന് കീഴടങ്ങുന്നു കർത്താവിനെ കർത്താവെന്നും ഗുരുവെന്നും നമ്മൾ വിളിക്കുന്നു അതുപോലെ തന്നെ ദൈവവചനത്തിന് നമ്മൾ കീഴടങ്ങും ദൈവവചനത്തിന് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തിൽ ഒരു വചനം കാണുമ്പോൾ അല്ലെങ്കിൽ വചനം നമ്മൾ ചിലപ്പോൾ ഒരു വചനം നമ്മളോട് സംസാരിച്ചു എന്ന് നമുക്ക് തോന്നുമ്പം ആ വചനത്തെ നമ്മൾ ഒരു കുഞ്ഞിനെ പോലെ അങ്ങ് സ്വീകരിക്കുന്നതാണ് ദൈവവചനത്തിന് പ്രായോഗിക തലത്തിൽ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അതാ മനസ്സിലായോ ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് ജീവനും ചൈതന്യവും ഉള്ള സജീവമാണിത് ഈ ദൈവവചനം ആ വചനത്തിലെ ചില ഭാഗങ്ങൾ നമ്മളോട് ഇടപെടുമ്പോൾ നീ ഇന്ന കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം അങ്ങനെ വരുമ്പോൾ ആ വചനം നമ്മളോട് ഇടപെടുമ്പോൾ അതിനെ ഒരു ശിശു എന്ന വണ്ണം അതിനെ സ്വീകരിക്കുന്ന ആളാണ് സത്യത്തിൽ ആ വചനത്തിന് കീഴടങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നിലയിൽ ഒരു കീഴടക്കം ദൈവവചനത്തോടുണ്ടോ ദൈവവചനം ചിലപ്പോൾ ദൈവവചനത്തിൽ നമുക്ക് താൽപ്പര്യം വന്നാൽ പല നിലയിൽ പലപ്പോഴും അതിൻ്റെ പല ഭാഗങ്ങൾ നമ്മളോട് ഇടപെടും ആ ഇടപെടുന്ന ഭാഗങ്ങളെന്താണ് വേണ്ടത് അത് നമ്മൾ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം ഒരു കീഴടക്കമുള്ള ഒരാൾക്ക് മാത്രമേ ആ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ നമ്മളൊരു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ടല്ലോ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം അവിടെ ആ ചെറിയ സങ്കീർത്തനത്തിൽ പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവയിൽ നിന്നെങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു ദാസന്മാരുടെ കണ്ണ് യജമാനിൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളോ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ മുഖത്തേക്കും എന്ന പോലെ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദൈവത്തിനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു രണ്ടടുത്തും എന്താ കയ്യിലേക്കായി ഈ ദാസം നോക്കുന്നത് എന്തിനാ ഈ ദാസം കയ്യിലേക്ക് നോക്കുന്നത് അല്ലേ ദാസിടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നത് എന്തിനാണ് ചിലപ്പം യജമാനോ യജമാനത്തിയോ തിരക്കിലാണെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്യുക എന്ന് കൃത്യമായിട്ട് വാക്കുകൊണ്ട് പറഞ്ഞെന്ന് വരികയില്ല കൈകൊണ്ടൊരാംഗ്യമായിരിക്കും ഒരു ഒരു ആംഗ്യമായിരിക്കും നമുക്കറിയാമല്ലോ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പം ഒത്തിരി ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ആ നമ്മൾ ആവശ്യമില്ലാതെ ഒരു കട്്ലെറ്റ് കൂടുതലെടുക്കാൻ നേരത്ത് ഒരു നോട്ടമേ ഉള്ളൂ ഒരു നോട്ടമേ ഉള്ളൂ ഒരൊറ്റ ആംഗ്യമേ ഉള്ളൂ നിങ്ങൾ കട്ട്ലറ്റ് എടുക്കരുത് എല്ലാവർക്കും തികയല്ല എന്നൊന്നും പറയേല പക്ഷേ ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എന്താ ഒരൊറ്റ ആംഗ്യം കണ്ണിൻ്റെ ഒരു ഒരു വെട്ടിക്കൽ തലയുടെ ഒരു കുലുക്കം ഈ രണ്ട് പേര് തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായാലേ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ആ നിലയിലുള്ള ഊഷ്മളമായ ഒരു ബന്ധമാണ് യജമാനനും ദാസനും തമ്മിലുള്ളത് യജമാനത്തെയും ദാസിയും തമ്മിലുള്ളത് കൈകൊണ്ടൊരു ഒന്ന് പലത് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റു ചില ആളുകളോട് എന്നാൽ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചപ്പോൾ യജമാന ദാസന് മനസ്സിലായി വേഗം മറ്റേ കാര്യം അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആര് പറഞ്ഞു അങ്ങനെയൊന്നും കേട്ടില്ലല്ലോ പക്ഷെ അറിയാം പ്രിയപ്പെട്ടവരെ വചനത്തിൽ നിന്ന് നമുക്കീ നിലയിൽ അത് നമ്മളോട് ഇടപെടുന്ന ഒരു തലത്തിലേക്ക് വരണം അങ്ങനെ ഒരു കേവലം ഒരു ആംഗ്യം കണ്ടാൽ പോലും അതിന് കീഴടങ്ങുന്നവരായിട്ട് നമ്മളായിരിക്കണം കോട്ടെ നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കർത്താവിന് കീഴടങ്ങുന്നു ദൈവവചനത്തിന് നമ്മൾ കീഴടങ്ങുന്നു ഇത് രണ്ടും പോരായോ ഇത് രണ്ടു ആയിരുന്നെങ്കിൽ കുറച്ച് ഭേദം ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല നമ്മൾ എന്താ നമ്മൾ ദൈവത്തിനും കീഴടങ്ങിയിട്ടുള്ള ഒരുവൻ നിലവിലുള്ള ചില അധികാരങ്ങൾക്ക് കീഴടങ്ങും എന്നും നമ്മളിത് യോജനത്തിൽ കാണുന്നു അപ്പം മൂന്നാമത് നമ്മുടെ മുകളിലുള്ള അധികാരങ്ങൾക്ക് നമ്മൾ എന്ത് വേണം കീഴടങ്ങണം അനുസരണമല്ലേ അനുസരണമല്ല കീഴടക്കമാണ് ഉദ്ദേശിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്തൊൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ യേശു പീലാത്തസുനോട് പറയുന്ന ഒരു വചനം നമുക്ക് കാണാൻ കഴിയും മേലിൽ നിന്നു നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകയില്ലായിരുന്നു കണ്ടോ നമ്മുടെ മേലിലുള്ള അധികാരങ്ങളൊക്കെ അത് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അവർക്കത് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് മേലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് പീലാത്തോസൻ ന്യായയുക്തനായ ഒരാളായിരുന്നോ അല്ല പക്ഷേ കർത്താവ് പറയുന്നു നീ എൻ്റെ നിനക്ക് നീ എൻ്റെ മുകളിലുള്ള അധികാരമാണ് നിനക്ക് കിട്ടിയിട്ടുള്ള ഈ അധികാരം മുകളിൽ നിന്ന് ഉള്ള അധികാരമാണ് അതുകൊണ്ട് നിൻ്റെ നടപടികൾ നീതിയാണെങ്കിലും ന്യായമാണെങ്കിലും നീതി അല്ലാത്തതാണെങ്കിലും ന്യായരഹിതമാണെങ്കിലും ഞാൻ എന്താ ചെയ്യേണ്ടത് നിനക്ക് കീഴടങ്ങുകയാണ് വേണ്ടത് റോമർ കെഴുതി ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നുണ്ട് പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരധികാരമു അധികാരവുമില്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകെയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഇതെങ്ങനെയാണ് എഴുതേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പലപ്പോഴും പല അധികാരങ്ങളെയും നമ്മൾ സ്പർശിക്കും നമ്മളൊരു ഒരു ഒരു ഓഫീസിൽ ചെന്നാൽ അവിടെ ആരാ ആ ഓഫീസർ അവിടുത്തെ അധികാരി ഓഫീസർ പറയും നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അത് അദ്ദേഹമാണ് അവിടുത്തെ അധികാരി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ പോലീസുകാരനാണ് അവിടുത്തെ അധികാരി അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം ട്രാഫിക് പോലീസാണ് അവിടുത്തെ അധികാരി ആ സ്കൂളിൽ ചെല്ലുമ്പം അധ്യാപകനാണ് അവിടുത്തെ അധികാരി ആ ഒരു എവിടെ ചെന്നാലും നമ്മൾ അധികാരങ്ങളെ സ്പർശിക്കും അധികാരങ്ങളെ കാണും ദൈവത്തിന് കീഴടങ്ങിയിട്ടുള്ള ഒരുവൻ അധികാരങ്ങൾക്കും കീഴടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എന്തിനാ ഇങ്ങനെ പറഞ്ഞേക്കുന്നു ഇതൊരു വലിയൊരു കുഴശിൽ ഉള്ള ഒരു കാര്യമാണല്ലോ കേവലം അനുസരിച്ചാൽ പോരാ കീഴടങ്ങുകയും വേണമെന്ന് പറഞ്ഞാൽ അധികാരങ്ങൾക്ക് കീഴടങ്ങണമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ ഇത് ഇത്രയോ ഇത്രയോ ഇത്രയോ വർഷങ്ങൾ നമ്മൾ ഇതിൽ പിന്നെയും പിന്നെയും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമായി തീരാൻ നമ്മൾ പല പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും അനുഭവിക്കുകയും അങ്ങനെ മുന്നോട്ട് പോയാലേ ഇത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയുള്ളു എന്തിനാണ് ദൈവം ഈ നിലയിൽ ഇത് വെച്ചേക്കുന്നത് കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഈ പാപം എന്നു പറയുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ആധാം പഴം പറിച്ചു തിന്നപ്പോഴാണോ ഔ ആ പഴം പറിച്ചു തിന്നപ്പോഴാണോ പാപം ഉണ്ടായതല്ല അതിനു അതിനൊക്കെ എത്രയോ മുമ്പ് ഒരു ദൈവദൂതൻ ലൂസിഫർ ദൈവത്തിൻ്റെ അധികാരത്തോടും മത്സരിച്ചു അധികാരത്തോട് മത്സരിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത് പാപമുണ്ടായത് അപ്പോൾ അധികാരത്തോടുള്ള മത്സരത്തിലാണ് പാപം ഈ ഭൂമിയിൽ ആദ്യമുണ്ടായത് എന്നുള്ളത് കൊണ്ട് അധികാരത്തിനെതിരെയുള്ള മത്സരങ്ങൾ എപ്പോഴും പാപത്തോട് വളരെ ചേർന്ന് വളരെ ഇഴുകി ചേർന്ന് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ചമൂലിൽ ഒന്ന് ശമൂലിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പോലും അമ്മമാർ പഠിപ്പിച്ചു വിടുന്ന ഒരു വാക്യമുണ്ടല്ലോ ഒന്ന് ശമുൽ പതിനഞ്ചിൻ്റെ പതിനഞ്ചിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു യഹോവയെ അനുസരിക്കുന്നത് ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാരെ ഈ വാക്യം ചെറുപ്പത്തിലേ പഠിപ്പിക്കും അതിൻ്റെ പോയിൻ്റ് അത് അടുത്ത വാക്യത്തിലാണ് കിടക്കുന്നത് മത്സരം എന്താ മത്സരം വിച്ച് ക്രാഫ്റ്റ് പോലാന്ന് എന്ന് വെച്ചാൽ എന്താ ആ വിചാരി ആരാണ്ട് ചിലർ പറയലേ ആരാണ്ടവിടെ ക്ഷുദ്രം ചെയ്തു കൂടോത്രം ചെയ്തു എന്നൊക്കെ പറയലേ ക്ഷുദ്രം പോലാ മത്സരത്തിൽ എന്തുണ്ട് മത്സരത്തിൽ അതിൽ തന്നെ ഒരു ക്ഷുദ്രപ്രയോഗം പോലും ഒരു കാര്യം കിടപ്പുണ്ട് അതുകൊണ്ട് ദൈവത്തിന് കീഴടങ്ങിയ ഒരുവൻ ഇങ്ങനെയുള്ള അധികാരത്തോട് മത്സരിക്കുന്നതിൽ നിന്ന് വളരെ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് കാരണം അവൻ്റെ താല്പര്യമെന്താ അവൻ്റെ താല്പര്യം അവന് കിട്ടിയിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു പോകരുത് കൃപയെ സൂക്ഷിക്കുന്ന ഒരുവൻ എപ്പോഴും എന്ത് ചെയ്യും ഓ ഒരു മത്സരത്തിൽ പെട്ടുപോയാൽ അയ്യോ മത്സരം ദൈവം എന്തായിട്ട് കാണുന്നു ആഭിചാരദോഷം പോലെ നമ്മളൊരു ക്ഷുദ്രം ചെയ്താൽ പിന്നെ അതിൽ നിന്ന് ഊരി എന്തെല്ലാം ചെയ്യണം ഇന്ന് പല ആളുകളും വിശ്വാസത്തിലേക്ക് വരുന്നവർ പലരും പഴയകാലത്ത് പലതരത്തിലുള്ള തിന്മകളിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നിലയിലുള്ള ആഭിചാരം പോലുള്ള ദോഷങ്ങളിൽ പെട്ടവർ അതിൽ നിന്ന് കരകയറി വരാൻ പലപ്പോഴും വളരെ പാടുപെടുന്നത് നമ്മൾ കാണാറുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഈ നിലയിലാണ് മത്സരത്തെ ദൈവം കാണുന്നത് നമ്മൾ വിചാരിക്കുന്നത് അത് കൊച്ചു കാര്യമാണല്ലോ എന്ന് വിചാരിക്കുന്നു പക്ഷേ അത് ആഭിചാരദോഷം പോലെയാണ് ദൈവം അതിനെ കാണുന്നതെന്ന് പറയുമ്പം നമ്മൾ അധികാരങ്ങൾക്ക് കീഴടങ്ങി തന്നെ നിൽക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ സഭയിൽ നമ്മുടെ വീട്ടിൽ ഒക്കെ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾക്ക് കീഴടങ്ങണം ഒന്ന് പത്രോസ് അഞ്ചാമധ്യായത്തിൽ നമ്മൾ അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നോക്കുക അവണ്ണം ഇളയവരെയും മൂപ്പന്മാർക്ക് കീഴടങ്ങി എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊഴിവി ദൈവ നികളുകളോട് എതിർത്ത് നിൽക്കുന്നു അപ്പം അന്യോന്യം കീഴടങ്ങണം നമ്മൾ അന്യോന്യം കീഴടങ്ങണം വീട്ടിൽ വീട്ടിൽ ആരാർക്കാണ് കീഴടങ്ങേണ്ടത് വീട്ടിൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ ആരാർക്ക് കീഴടങ്ങണം സഹോരന്മാർക്കെല്ലാം അറിയാവുന്ന ചില വാക്യങ്ങളുണ്ട് എഫ് എസ് എഴുതി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് അതൊന്ന് ഭാര്യമാരെയും കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ സബ്മിറ്റെന്ന കീഴടങ്ങുവീൻ അനുസരിക്കുകയും എന്നല്ല കീഴടങ്ങുകയും എന്നാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം സഭക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം സകലത്തിലും കീഴടങ്ങിയിരിക്കണം ഒന്ന് പത്രോസ് മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പം അവിടെയും ഭാര്യമാരോട് പറയുന്നുണ്ട് മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി എല്ലായിടത്തും സബ്മിറ്റെന്നുള്ള വാക്ക കീഴടക്കം എന്നുള്ള വാക്ക അനുസരണമെന്നുള്ള വാക്കല്ലേ കീഴടക്കവും അനുസരണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ വീട്ടിലാണെങ്കിലും അധികാരത്തിന് കീഴടങ്ങണം കീഴടങ്ങണം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം ഭർത്താക്കന്മാർക്കെല്ലാം ഇന്ന് വളരെ സന്തോഷമായി അവരെന്ത് ചെയ്തു അവരെ എഫ് ഐ സർ കെഴുതിയിൽ എങ്ങനെ അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിനടിയിൽ വരെ ഇട്ടു ഇരുപത്തിനാലാമത്തെ വാക്യത്തിനടിയിൽ വരയിട്ടു ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ ഒന്നിലിൻ്റെ അടിയിൽ വരയിട്ടു ഏ എന്ന് തന്നല്ല അതിന് മാതൃക പറഞ്ഞേക്കുന്നത് എന്തുവാ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ടോട്ടൽ സബ്മിഷനാണ് അങ്ങനെ വേണം കീഴടങ്ങാൻ പക്ഷേ ഇനി സഹോദരിമാർക്ക് താല്പര്യമുള്ള ഒരു വചനം ഞാൻ കാണിക്കാം അതിൻ്റെ അഞ്ചിൻ്റെ എഫ് എ സി റഞ്ചിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി അപ്പോൾ ഭർത്താവും എന്തോ വേണം ഭർത്താവും ഓ അത് വായിക്കണ്ടായിരുന്നല്ലേ സൗരമാർ പറയുന്നത് അന്യോന്യം കീഴ്പ്പിട്ടിരുപ്പീൻ എന്നാണ് കണ്ടോ പലയിടത്തും ദൈവം ചില ആളുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അന്യോന്യം കീഴ്പ്പിടുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മൾ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾക്ക് കീഴടങ്ങണം ഈ കീഴടക്കമെന്ന് പറയുമ്പോൾ അത് താരതമ്യേന പ്രയാസമുള്ള കാര്യം നിങ്ങൾ ചരിത്രത്തിൽ ഈയിടെ ഈയിടെ ഇംഗ്ലണ്ടിലെ ഒരു വലിയ വിവാഹം നടന്നു ആ വിവാഹം ആരുടെ വിവാഹമായിരുന്നു വില്യൻ രാജകുമാരൻ എന്ന് പറഞ്ഞ ആ ചാൾസ് രാജകുമാരൻ്റെയും ഡയാന രാജ്ഞിയുടെയും രാ രാജകുമാരിയുടെയും മകൻ വില്യത്തിൻ്റെ കല്യാണമായിരുന്നു ആ വില്യ കല്യാണം കഴിച്ചപ്പോൾ അതിൻ്റെ വാർത്തകളൊക്കെ പത്രങ്ങളിലൊക്കെ കണ്ടു നിങ്ങൾ വിശദമായിട്ടത് വായിച്ചോ വായിച്ചെങ്കിൽ അവള് ആ കല്യാണം കഴിച്ച് വന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയല്ല നേരത്തെ അവളൊരു വിവാഹം കഴിച്ചിട്ടുള്ളതാണ് ഈ രാജകുമാരനെ രണ്ടാമത് വിവാഹം കഴിക്കുക അവൾ ആ കല്യാണത്തിൻ്റെ ചടങ്ങ് വന്നപ്പോൾ എന്തു ചെയ്തു അവരും നമ്മുടെ ഇതുപോലെ ഒരു ആംഗ്ലിക്കൻ ആംഗ്ലിക്കൻ ചർച്ചുകൾ ആംഗ്ലിക്കൻ ചർച്ചുകളിലെല്ലാം എന്താ ഉള്ളത് വിവാഹത്തിന് ഈ സത്യപ്രതിജ്ഞ പറയും അതായത് വിവാഹ ഉടമ്പടി ഏറ്റു പറയും നമ്മുടെ വിവാഹ ഉടമ്പടിയിൽ എന്തുണ്ട് ഞാൻ താങ്കൾക്ക് സകലത്തിലും എല്ലാത്തിനും അനുസരിച്ചും കീഴടങ്ങിയും ഒക്കെ ഇരുന്നോളാം എന്നാണ് ഈ സഹോദരി എന്തു പറയേണ്ടത് അവൾ വിവാഹ ഉടമ്പടിയിൽ പറയേണ്ടത് പക്ഷേ ഇവള് പറഞ്ഞു ഞാൻ ആ ഭാഗം പറയുകയില്ലെന്ന് പറഞ്ഞു ഏത് താങ്കൾക്ക് കീഴടങ്ങാം താങ്കൾക്ക് അനുസരിക്കാം എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കി ആ ഭാഗം പറയുമ്പോൾ പുരോഹിതം പറഞ്ഞാലും ഞാൻ നേരം മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ പള്ളി അങ്ങനെ സമ്മതിച്ചു അങ്ങനെയാണ് ആ വിവാഹം നടന്നത് ഇത് നടക്കുമ്പോൾ നമ്മുടെ ഓർമ്മ അതിനേക്കാളും പിന്നിലേക്ക് പോകുന്നുണ്ട് ഈ വില്യൻ രാജകുമാരൻ്റെ അമ്മ ഡയാന രാജകുമാരി എങ്ങനെയായിരുന്നു ചാൾസിനെ കല്യാണം കഴിച്ചപ്പോൾ അന്ന് അവളും അങ്ങനെ തന്നെ പറഞ്ഞു അവളും എന്തു ചെയ്തില്ല താങ്കൾക്ക് താങ്കളെ അനുസരിച്ചു എന്നുള്ള വാക്ക് അനുസരിച്ചു എന്നുള്ള വാക്ക് അവൾ വിട്ടുകളഞ്ഞു അവൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി ഞാൻ പറഞ്ഞത് കണ്ടോ റിബല്യൻ അത് തലമുറയായിട്ട് തുടരുക ഏ ചാൾസ് രാജകുമാരനെ ഡയാന രാജകുമാരി കല്യാണം കഴിച്ചപ്പോൾ അവൾ എന്ത് പറഞ്ഞില്ല ഞാൻ താങ്കൾക്ക് കീഴടങ്ങി ഇരുന്നോളാമെന്ന് പറഞ്ഞില്ല അവൾ പിന്നെ വണ്ടി അപകടത്തിൽ മരിച്ചു ഞാൻ ഈ ചരിത്രമൊന്നും പറയാനല്ലേ വരുന്നത് അവസാനം അവൾക്കുണ്ടായ മകൻ കല്യാണം കഴിക്കാൻ ചെന്നപ്പോഴോ അവൻ കിട്ടിയ പെണ്ണു എന്ന് പറഞ്ഞു ഞാൻ അനുസരിക്കാമെന്നുള്ള വാക്ക് മാത്രം ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞു ഒരളവില് അവരുടെ സത്യസന്ധത നമ്മൾ അംഗീകരിക്കണം ഒന്നുമല്ലേ അത് പറഞ്ഞില്ലല്ലോ നമ്മളൊക്കെ അത് പറഞ്ഞിട്ടും അത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വന്നത് നമുക്കപ്പം വീട്ടിലുമെന്തുണ്ട് വീട്ടിലും അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങണം ഈ കീഴടങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വല്ല ഒഴികഴിവുണ്ടോ എക്സെപ്ഷനുണ്ടോ എല്ലാവർക്കും മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് കിട്ടിയാലേ ജയിക്കുകയുള്ളൂ എന്നാലും ചിലർക്കെന്തുണ്ട് ചില ഒഴികഴിവുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കീഴടങ്ങുന്നത് വലിയ പാടുവിട്ട കാര്യമായതുകൊണ്ട് ഭാര്യമാർ ചോദിക്കുക ഇതിന് എന്തെങ്കിലും ഒഴികഴിവുണ്ടോ ബ്രദറെ എന്ന് ചോദിച്ചാൽ അവരായത് നമ്മളോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക ഉണ്ടോ ഉണ്ട് ഒരു ഒഴിവുണ്ട് കൊലോസിയർക്കിത് ലേഖനം കൊലോസിർ കെതിയിലെ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഒരു കൺസഷൻ അനുവദിക്കുന്നുണ്ട് മൂന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും എണ്ണം കീഴടങ്ങുമായി അപ്പോൾ ഭർത്താക്കന്മാർ പറയുന്ന എല്ലാത്തിനും കീഴടങ്ങണം എന്നായിരുന്നു നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ എന്താ പറയുന്നത് കർത്താവിന് ഉചിതമായ കാര്യത്തിന് കീഴടങ്ങിയാൽ മതി കർത്താവ് ഭർത്താക്കന്മാരെ കർത്താവിന് ഉചിതമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസനെപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുക അദ്ദേഹം ഓഫീസിൽ നിന്ന് വന്നു രണ്ട് കൂട്ടുകാരും ഉണ്ട് കൂട്ടുകാരുടെ കൂടെ അദ്ദേഹം നാല് കുപ്പിയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് നീ എന്തോ വേണം എല്ലാവർക്കും ഇത് ഒഴിച്ചതാണ് ഞങ്ങൾക്കിത് സെർവ് ചെയ്യെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കെന്തോ പറയാം നോ എന്ന് പറയാം കർത്താവിന് ഉചിതമല്ല നിങ്ങളുടെ മദ്യപാന പാർട്ടിയുടെ ഹോസ്റ്റാകാൻ എനിക്ക് കർത്താവിൽ നിന്ന് അനുമതിയില്ല കർത്താവിന് ഉചിതമാകുമ്പോൾ അപ്പോൾ കർത്താവ് ചോദിക്കുക നീ ഇല്ലയോ പറഞ്ഞ കീഴടങ്ങാമെന്ന് പറഞ്ഞു കീഴടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉടനെ കൊലോസി ലേഖനം എടുത്തുകൊണ്ട് വരണം കൊലോസി ലേഖനം മൂന്നിൻ്റെ പതിനെട്ടടുത്ത് വായിച്ച് കേൾപ്പിക്കണം എന്താ കർത്താവിൽ ഉചിതമായിട്ട് കീഴടങ്ങിയാൽ മതി പ്രിയപ്പെട്ടവര് ഇത് ഇത് വീട്ടിൽ വീട്ടിലാ നിലയിൽ കൺസഷൻ ഉണ്ടെങ്കിൽ മറ്റും നമുക്ക് ഓഫീസുകളിലും നമുക്ക് ആ നിലയിൽ കൺസഷനുണ്ട് നമ്മൾ വചനം പറയുമ്പോൾ അതിൻ്റെ രണ്ട് വശവും പറയണമല്ലോ ദൈവവചനം വളരെ യാഥാർത്ഥ്യബോധമുള്ളത് ഓഫീസിൽ ഓഫീസിൽ ചില അധികാരികൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നു നമ്മളതിന് കീഴടങ്ങണം എന്നുള്ളപ്പം തന്നെ കീഴടങ്ങണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിൽ തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ രണ്ടാമധ്യായം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക പഥ്യോപദേശത്തെ പ്രബോധിപ്പാനും അവരെന്ത് വേണം എല്ലാവരും വിരോധികൾക്ക് ബോധം വരുത്താനും വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം എന്നൊക്കെ ഒന്നിൻ്റെ ഒൻപതിൽ നമ്മൾ കാണുന്നു രണ്ടിൻ്റെ ഒൻപതിലേക്ക് വരുമ്പോൾ രണ്ടിൻ്റെ ഒൻപതിലേക്ക് വരുമ്പോൾ ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അധി യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക പൗലോസ് തീത്തോസിനോട് പറയുന്നു നീ എന്തോ വേണം നീ നിൻ്റെ സഭയിലുള്ള ആളുകളോട് അവരെ എവിടെയെങ്കിലും ദാസന്മാരായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദാസന്മാർ അവിടെയുള്ള യജമാനന്മാർക്ക് എല്ലാത്തിലും എന്ത് വേണം കീഴടങ്ങണം കീഴടങ്ങണമെന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് സബ്മിറ്റ് ചെയ്യണം അനുസരിച്ചാൽ പോരാ കീഴടങ്ങണം കീഴടങ്ങുമ്പം എന്താ നമ്മൾ ഈ പറയുന്ന ഉപദേശത്തെ അവർ ജീവിതം കൊണ്ട് അലങ്കരിക്കുക ചെയ്യുന്നു കണ്ടോ നമ്മളൊരു ഓഫീസിൽ അധികാരിക്ക് കീഴടങ്ങുമ്പം നമ്മൾ പറയുന്ന ഈ ഉപദേശത്തെ നമ്മൾ എന്തു ചെയ്യുക അലങ്കരിക്കുക ചെയ്യുന്നു പലപ്പോഴും നമ്മളങ്ങനെ കീഴടങ്ങാതിരിക്കുമ്പം അതിൻ്റെ മറുവശം സംഭവിക്കും എന്താ അലങ്കരിക്കുകയല്ല ഈ ഉപദേശത്തെ ഈ ഉപദേശം നമ്മൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അത് ശരിയല്ല അതിനെ അതിനെ അതിനെ നിന്ദ്യമാക്കുക അതിനെ അതിനെ മോശപ്പെടുത്തുകയാണ് പലപ്പോഴും അനുസരിക്കാതിരിക്കുമ്പോൾ കീഴടങ്ങാതിരിക്കുമ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് കീഴടങ്ങി നമ്മൾ ഈ ഉപദേശത്തെ അലങ്കരിക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും കാര്യം പറഞ്ഞാലോ നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് അപ്പോസൽ പ്രവൃത്തി നാലാമധ്യായത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും അപ്പോസിൽ പ്രവൃത്തി നാലാമധ്യായം നാലാമധ്യായം നാലാമത്തെ അധ്യായം അതിൻ്റെ അവിടെ ഇതാ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ അതിന് പത്ര ദിവസം യോഹനാനും ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടു വിരിക്കുന്നത് പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്താ ഈ സംഭവം അവിടെ ആ ഈ പത്രോസിനെയും യോഹന്നാനേയും പിടിച്ച് ന്യായാധിപസംഘത്തിൽ കൊണ്ടുവന്ന് വിസ്തരിക്കുമ്പം ന്യായാധിപസംഘത്തിലുള്ളവർ ഒടുവിലെന്തോ പറഞ്ഞു നിങ്ങളെ ഞങ്ങളിപ്പം വിടാം പക്ഷേ നിങ്ങൾ മേലാൽ ഈ നാമത്തിൽ ഇവിടെ സംസാരിക്കരുത് ഈ ന്യായാധിപസംഘം എന്താ ഒരു അധികാരമാണ് ഈ ശിഷ്യന്മാരുടെ മേലുള്ള ഒരു അധികാരമാണ് ഈ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും അവർ സാധാരണ പൗരന്മാർ മാത്രമാണ് അവരുടെ മേലുള്ള അധികാരമാണ് ന്യായാധിപസംഘം പക്ഷേ ആ ന്യായാധിപസംഘം ഇവരോട് ആവശ്യപ്പെട്ടതെന്താ കർത്താവിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവരതിനൊരു ഒഴികഴിവ് കണ്ടെത്തുക എന്താ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമല്ലോ അതുകൊണ്ട് ഞങ്ങളെന്തോ ചെയ്യും നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഞങ്ങൾ ഇനിയും പ്രസംഗിക്കും കണ്ടോ നമ്മൾ ഓഫീസുകളിലാണെങ്കിൽ കമ്പനികളിലാണെങ്കിൽ ജോലിസ്ഥലത്താണെങ്കിൽ ന്യായരഹിതമായ ഒരു കാര്യം ദൈവവചനത്തിന് ചേർന്ന് പോകാത്ത ഒരു കാര്യം നമ്മുടെ മേലധികാരി പറഞ്ഞാൽ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഒഴികഴിവെടുക്കാം നേരത്തെ നമ്മൾ തീത്തോസിൻ്റെ രൺ രണ്ടിൻ്റെ ഒമ്പതിലെന്താ പറഞ്ഞത് സകലത്തിലും യജമാനന്മാർക്ക് കീഴടങ്ങി ഉപദേശത്തെ അലങ്കരിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ മുകളിലിരിക്കുന്ന ആൾ പറയുക ഞാൻ ഒരാൾ കുറച്ച് കൈക്കൂലിയും കൊണ്ട് വരും അത് നീ വാങ്ങിച്ച് ഇന്ന പോലെ ചെയ്യുക എൻ്റെ മേശയ്ക്കകത്ത് വെച്ചേക്കണം ഞാൻ അങ്ങോട്ട് പോവുക ഏ എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കീഴ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ കീഴ് ഉദ്യോഗസ്ഥൻ വിശ്വാസിയാണെങ്കിൽ ശരി യജമാനം പറഞ്ഞ ഇല്ലയോന്ന് വെച്ച് മറ്റേ ആളുടെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചു വെക്കാമോ വേണ്ട വേണ്ട കാരണം എന്താ ഇവിടെ പറയുന്നു ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ഉചിതമല്ല ഉചിതമല്ല ഭാര്യ പറയുന്നു കർത്താവിന് ഉചിതമാവണ് നിങ്ങളെ അനുസരിച്ചാൽ നിങ്ങൾക്ക് കീഴടങ്ങിയാൽ മതി നമുക്ക് യജമാനന്മാരോടും പറയാം കർത്താവിന് ഉചിതമല്ലാത്ത ഒരു കാര്യത്തിൽ കീഴടങ്ങാനായിട്ട് എന്നെ കൊണ്ട് പറ്റുകയില്ല നമ്മൾ ഈ വചനമൊക്കെ ഗൗരവമായിട്ട് എടുത്താൽ പ്രിയപ്പെട്ടവർ ജോലിസ്ഥലത്തുമൊക്കെ നമുക്ക് ചില നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ദാനിയലിൻ്റെ പുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ദാനിയലിൻ്റെ പുസ്തകം വായിക്കുമായിരുന്നു ചന്ദ്രക്കമേശക്കഭേന്ദ്രനകോ എന്ന് പറഞ്ഞ ആ ബാലന്മാരോട് എന്റെ സർ രാജാവ് തന്നെയാ പറഞ്ഞത് ഇപ്പം കുഴൽ ഊതും അന്നേരം എന്താ വേണം ഈ സ്വർണ്ണബിംബത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കോണം അതൊരു കൽപ്പനയല്ലേ കല്പനയാണ് രാജാവല്ലേ പറഞ്ഞത് രാജാവാണ് പറഞ്ഞത് രാജാവ് പറഞ്ഞതിന് ഇവരെ കീഴടങ്ങണ്ടേ കീഴടങ്ങാം പക്ഷെ അവരെന്താ പറയുന്നത് രാജാവേ രാജാവിൻ്റെ ദൈവങ്ങളെ ആകട്ടെ ഈ സ്വർണ്ണബിംബത്തെയാകട്ടെ ഞങ്ങൾ ഞങ്ങൾ വണങ്ങുകയില്ല എന്നവിടെ ഒരു നോ ഒരു ക്യാപിറ്റൽ നോ അവരവിടെ പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു ഒഴികഴിവ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവർ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ദൈവത്തിന് കേവലം അനുസരണം പോരാ കീഴടക്കം വേണം എന്തിനാണ് ദൈവം ഇങ്ങനെ കീഴടക്കം വേണമെന്ന് വെച്ചേക്കുന്നത് നമ്മൾ കേവലം കീഴടങ്ങാതെ പുറമേ അനുസരിച്ചാൽ നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവത്തിനത് തൃപ്തിയില്ല നമ്മുടെ ഹൃദയത്തിലെ ആ മത്സരം അത് ആഭിചാരദോഷം പോലെ ദൈവം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് കൃപ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും സത്യത്തിൽ കീഴടങ്ങണമെന്ന് ദൈവം വെച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയാണോ അല്ല അല്ല നമുക്കത് ആ കാര്യം കൂടെ വളരെ വേഗത്തിൽ നോക്കാം ദൈവം എന്തിനാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ കീഴടങ്ങണമെന്ന് വെച്ചേക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും അവിടെ കൊണ്ട് ആ വാക്യം തീരുന്നില്ല പിന്നെന്താ എന്നോട് ചേർന്ന് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പി അപ്പോൾ പിശാചിന് നമ്മുടെ മേലുള്ള സ്വാധീനം ില്ലാതിരിക്കണമെങ്കിൽ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ദൈവത്തിന് കീഴടങ്ങിയാൽ മതി ദൈവത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ കീഴടങ്ങിയാൽ പിശാചിന് നമ്മുടെ മേലൊരു പിടി ഉണ്ടാവുകയില്ല പിശാജു കൊണ്ടു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവൻ കൊണ്ടുവരുന്നത് നിരാശ ദുഃഖം ഓ സന്തോഷമില്ലായ്മ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടുവരും അതിൽ നമ്മൾ വീണ് പോകാതിരിക്കാൻ നമ്മൾ സകലത്തിലും ദൈവത്തിന് കീഴടങ്ങണം ദൈവത്തിന് മാത്രമല്ല ദൈവവചനത്തിനും കീഴടങ്ങണം ദൈവവചനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗത്തിനും നമ്മൾ കീഴടങ്ങണം മൂന്നാമത് നമ്മുടെ മേൽ വച്ചിട്ടുള്ള ഓ സമൂഹത്തിലും ഓഫീസിലും കമ്പനിയിലും വീട്ടിലും സഭയിലും ഒക്കെ വച്ചിട്ടുള്ള അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങണം അനുസരിച്ചാൽ പോരാ കീഴടങ്ങാതിരുന്നാൽ നമ്മുടെ മനസ്സിലുള്ള മത്സരത്തെ ആ മത്സരത്തിലൂടെ പിശാജൊരു അവകാശം പറഞ്ഞ് ഒരു ക്ഷുദ്രപ്രയോഗം ചെയ്തെടുത്ത് പിശാജിനൊരു അവകാശമുണ്ടെന്ന് പറയുന്ന പോലെ മത്സരമുള്ള അടുത്ത് പിശാജിനൊരു അവകാശമുണ്ട് അവൻ ആ അവകാശം മുതലെടുത്ത് നമ്മുടെ സന്തോഷം കെടുത്തി കളയും നമ്മുടെ സമാധാനം ഇല്ലാതാക്കി കളയും നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയും പ്രിയപ്പെട്ടവരെ കീഴടക്കം നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം രണ്ടാമത്തെ ആയതിൻ്റെ പതിനാറാമത്തെ വാക്യം നോക്കുക സ്വാതന്ത്ര്യരായും സ്വാതന്ത്ര്യ ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പി എന്താ ഇവിടെ പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യരായിട്ട് നടക്കണം ഫ്രീഡത്തോടെ നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ നടക്കുന്നവരോട് പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് നടപ്പി ദാസനെങ്ങനാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ദാസനാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളത് അവനെ സംബന്ധിച്ച് എന്താ ദൈവത്തിന് കീഴടങ്ങി ഒരുവന് മറ്റ് ഉത്കണ്ഠകളില്ല അവന് വലിയൊരു സുരക്ഷിതബോധമുണ്ട് അവൻ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ദൈവത്തിന് ദാസനായിട്ടിരിക്കുമ്പം അവൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യനായിട്ട് നടക്കും സ്വാതന്ത്ര്യനായിട്ടാണ് വിക്ടറി ത്രൂ സറണ്ടർ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ പുസ്തകമുണ്ട് എന്നുവെച്ചാൽ ജയം സ്വാതന്ത്ര്യം അതേതിലൂടെ കീഴടങ്ങുന്ന ലൂടെ ആർക്ക് കീഴടങ്ങുന്നതിൽ ദൈവത്തിന് കീഴടങ്ങുന്നതിൽ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു മനുഷ്യനെന്തെങ്കിലും പേടിക്കാനുണ്ടോ പേടിക്കാനില്ല കാര്യം അവൻ്റെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും സ്വാതന്ത്ര്യമാണത് നൽകുന്നത് ഹാലലുവിയ ഹലുവിയ സന്തോഷം നൽകും നമ്മൾ റോമർ ലേഖനം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമർ കെഴതിയലേഖനം അതിൻ്റെ പതിനാലാം അധ്യായം അവിടെ പതിനാലിൻ്റെ പതിനേഴാമത്തെ വാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല മറിച്ച് എന്താ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് യഥാർത്ഥ ദൈവരാജ്യം രാജ്യമെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട് രാജ്യത്തെപ്പോഴും എന്തുണ്ട് രാജാവുണ്ട് ദൈവരാജ്യത്തിൻ്റെ രാജാവ് ആരാ ആ ദൈവരാജ്യത്തിൽ നമ്മൾ അംഗമാണെങ്കിൽ നമ്മൾ ആർക്ക് കീഴടങ്ങി ദൈവത്തിന് കീഴടങ്ങി അങ്ങനെ ദൈവത്തിന് കീഴടങ്ങിയാൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത് നീതിയും സമാധാനവും സന്തോഷവും ഉണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ സന്തോഷമോ സമാധാനമോ സ്വാതന്ത്ര്യമോ എവിടെങ്കിലും ആന്തരികമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പം നിങ്ങൾ അവിടെ ഒന്ന് നിൽക്കണേ നിന്നിട്ട് ശ്രദ്ധിക്കണം എവിടെയാ എവിടാ പ്രശ്നം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അധികാരങ്ങൾക്ക് കീഴടങ്ങാത്ത ഒരു മത്സരം എന്നിലുണ്ടോ അതിലൂടെ അവകാശം പറഞ്ഞ് പിശാജ് എൻ്റെ സന്തോഷം എടുത്തു കളയ്യുക എൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കളയുക എൻ്റെ തൃപ്തി എടുത്തു കളയ്യുക ഒന്ന് തീമത്തിയോ സാറിൻ്റെ ആറിൽ വായിക്കുന്നത് ഏ ദൈവത്തിന് ദൈവത്തോടടുത്ത് വരുമ്പോൾ ആ നിലയിൽ അലംഭാവത്തോടു കൂടിയ തൃപ്തിയോടുകൂടിയാണ് ദൈവഭക്തി ദൈവഭക്തിയിൽ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ അവിടെ ഒരു തൃപ്തിയുണ്ട് ഫിലിപ്പയർ നാലിൻ്റെ നാലിലേക്ക് വരുമ്പോൾ കർത്താവിന് ചെന്നാൽ കർത്താവിന് കീഴടങ്ങുമ്പോൾ അവിടെ എന്തുണ്ട് സന്തോഷമുണ്ട് ഇപ്പോൾ കർത്താവിന് കീഴടങ്ങുമ്പോൾ സന്തോഷമുണ്ട് തൃപ്തിയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നീതിയുണ്ട് സമാധാനമുണ്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അത് എവിടെയെങ്കിലും നമുക്ക് കൈമോശം വരുമ്പം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും അധികാരങ്ങൾക്ക് കീഴടങ്ങാത്തതാണോ എവിടെയെങ്കിലും തമ്മിലൊരു മത്സരമുണ്ടോ അങ്ങനെയുള്ള മത്സരങ്ങളില്ലാതെ നമ്മളെപ്പോഴും സ്വാതന്ത്ര്യരായും സ്വതന്ത്രരായും സന്തോഷമുള്ളവരായും തൃപ്തരായും നടത്താൻ വേണ്ടിയാണ് ദൈവം കീഴടങ്ങ് കീഴടങ്ങ് എന്നൊരു വ്യവസ്ഥ വെച്ചേക്കുന്നത് അല്ലാതെ ദൈവത്തിന് എന്തോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഏ ദൈവത്തിനെതിരെ ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഒരു യജമാനൻ അടിച്ചമർത്തുന്നത് പോലെ അടിച്ചമർത്തുന്നതല്ലിത് മറിച്ച് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ സ്വതന്ത്രരായ മനുഷ്യരായിട്ട് നടക്കണമെന്നാ സന്തോഷമുള്ളവരായിട്ട് ഇരിക്കണമെന്നാണ് തൃപ്തി ഉള്ളവരായിട്ട് ആയിരിക്കണമെന്നാണ് അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ചൈതന്യം അതിലേക്ക് നമ്മൾ വരാൻ വേണ്ടി പക്ഷേ അതിനുള്ള വഴി ഏതിലൂടാണ് കീഴടക്കത്തിലൂടെ കീഴടക്കത്തിലൂടെ ആണ് സ്വാതന്ത്ര്യം ലോകത്തിന് മനസ്സിലാകാത്ത ഒരു കാര്യമാത് എങ്ങനെ ഒരാൾക്ക് അടിമയാകുന്നതിലൂടെ സ്വാതന്ത്ര്യനാകുന്നു ലോകത്തിന് ഇത് മനസ്സിലാകുകയല്ല എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് കീഴടങ്ങി ഒരുവൻ എന്താ അവൻ സ്വാതന്ത്രനാ ഞാൻ അപ്പം നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരാളെ യഥാർത്ഥത്തിലൊരു ക്രിസ്ത്യാനിയായ ഒരാളെ രാജാവ് അവനെ അവനെ ശിക്ഷ വിധിക്കാനായിട്ട് രാജാവ് അവനെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ ഇവ നല്ല പാട്ടുമൊക്കെ പാടി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഏഹ് ഈ ക്രിസ്ത്യാനിയായ ആള് കുറ്റവാളിയായ ആള് രാജാവ് കുറ്റവാളിയെന്ന് കണ്ട ആൾ വിളിച്ച് രാജാവ് ഇവനെ ഇവൻ്റെ വിശ്വാസം ത്യജിക്കാൻ പറഞ്ഞു ഇവനത് പറ്റുകയില്ലെന്ന് പറഞ്ഞു ഇവൻ പാട്ടുമൊക്കെ പാടി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഉടനെ രാജാവ് പറഞ്ഞു നീ എന്താ പേടിയില്ലാതെ നിൽക്കുന്നത് ഞാൻ നിൻ്റെ ഞാൻ നിന്നെ എന്ത് ചെയ്യാം ഞാൻ നിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടാൻ പോകുക എന്നുള്ളു അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ നിക്ഷേപം സ്വർഗത്തില പറഞ്ഞു ഇവിടുത്തേതൊക്കെ കണ്ടുകെട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്നോ അന്നേരം അന്നേരം ഇവനെ പേടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് രാജാവ് പറഞ്ഞു നിന്നെ ഞാൻ നിന്നെ ഏഴ് വർഷത്തേക്ക് നാട് കടത്താൻ പോവുക അപ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നാട് ഇവിടെ അല്ല എൻ്റെ നാട് സ്വർഗത്തിലാണ് അപ്പോൾ രാജാവ് പിന്നെ പറഞ്ഞു നിന്നെ ഞാനും ഇപ്പം തല വെട്ടിക്കൊന്നുകളെ ഇതിനപ്പുറത്ത് എന്താ പറയാനൊക്കെ ആ പറഞ്ഞു സന്തോഷം ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ എത്രയും വേഗത്തിലായി ചേരുമല്ലോ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ ഒക്കുകയില്ല പ്രിയപ്പെട്ടവർ ഈതൊക്കെ വെറും കഥയായിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കിങ്ങനെ സ്വതന്ത്രരായ മനുഷ്യരായി നടക്കാനൊക്കെ സന്തോഷമുള്ളവരായിട്ടായിരിക്കാനൊക്കെ അതിനുള്ള മാർഗമെന്താ മാർഗം സറണ്ടറിലൂടെയാണ് കീഴടക്കത്തിലൂടെയാണ് കീഴടക്കത്തിലൂടെ ദൈവത്തിന് കീഴടങ്ങണം കർത്താവും ഗുരുവുമായിട്ട് അവനെ അംഗീകരിക്കണം അതുപോലെ ദൈവവചനത്തിന് കീഴടങ്ങണം നമ്മുടെ വീട്ടിലും സഭയിലും സമൂഹത്തിലും ചുറ്റുപാടുകളിലും റോഡിലും ഒക്കെയുള്ള അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങണം പലപ്പോഴും നമ്മളവിടൊക്കെ അനുസരണം മാത്രമേ ഉള്ളൂ അവിടുത്തെ അനുസരണം ആർക്കു വേണ്ടിയുള്ളതാണ് ലോകമനുഷ്യർക്ക് വേണ്ടി ഉള്ളതാ ലോകമനുഷ്യരെ അനുസരിപ്പിക്കാൻ ആ പോലീസൊക്കെ റോഡിൽ നിൽക്കുന്നത് നമ്മൾ കേവലം പോലീസിന് അനുസരണം കൊടുത്താൽ പോരാ നമ്മുടെ ഉള്ളിലൊരു മത്സരമുണ്ടെങ്കിൽ അവിടെ പോലീസുകാരൻ പറയുമ്പോൾ നമ്മുടെ സന്തോഷം പോകും കീഴടങ്ങിയിട്ടില്ല എന്ന് നമ്മൾ കണ്ടെത്തും അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കർത്താവിന് ഉചിതമല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കീഴടങ്ങേണ്ട കീഴടങ്ങേണ്ട കീഴടങ്ങേണ്ട നമ്മുടെ മേലധികാരി ചിലപ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും നമ്മൾ ഞാൻ അങ്ങനെ ഒരു രംഗം ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ എനിക്ക് തൃപ്തിയുള്ള ഒരു ജോലിയിലായിരിക്കുമ്പോൾ അവിടെ ഒരു മേലധികാരി എന്നോട് ദൈവവചനത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു ഞാനൊരു രാത്രി മുഴുവൻ ആലോചിച്ചു ഏഹ് കാര്യം അദ്ദേഹം പറയുന്നതനുസരിക്കാതിരുന്നാൽ അവിടെ നിന്ന് മാറേണ്ടി വരും പക്ഷേ നമ്മൾ യജമാന് അവർക്കാണോ കീഴടങ്ങേണ്ടത് ദൈവത്തിനാണോ കീഴടങ്ങേണ്ടത് ഞാൻ അടുത്ത ദിവസം അദ്ദേഹത്തോട് നോ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് എന്നെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പക്ഷേ നമുക്കെന്താ നഷ്ടം നമുക്കൊരു നഷ്ടവും ഇല്ല നമ്മുടെ ആത്യന്തിക സന്തോഷത്തെ എടുത്തു കളയാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല സ്വതന്ത്രരായ മനുഷ്യരായിട്ട് നമുക്ക് നടക്കാൻ കഴിയും നമ്മുടെ ലക്ഷ്യങ്ങളെയും ജീവിതത്തെയും ഈ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് വയ്ക്കുക കർത്താവുണ്ട് ദൈവമുണ്ട് ഒന്നാമത് ദൈവമുണ്ട് ദൈവമുണ്ട് ആ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ ആർക്കും കഴിയും കഴിയുമില്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ആരിൽ നിന്ന് വരുന്നു കർത്താവിൽ നിന്ന് വരുന്നു നോക്കെഴുന്നേറ്റ് നിൽക്കേയും ഒരു പാട്ടിൻ്റെ ശീലം ചേർന്നു